അവർ ഏതെങ്കിലും മ്ളേച്ഛമായ കാര്യം ചെയ്യുമ്പോൾ ഞങ്ങളുടെ പിതാക്കന്മാർ ഇത് ചെയ്തിരുന്നു എന്നും അല്ലാഹുസുബഹാനഹുവ തയാല ഞങ്ങളോട് ഇത് കൽപ്പിച്ചിരുന്നു എന്നും അവർ പറയുന്നു പറയുക അല്ലാഹുസുബഹാനഹുവ തയാല ഒരിക്കലും മ്ളേച്ഛമായ കാര്യങ്ങൾ കൽപ്പിക്കുകയില്ല നിങ്ങളറിയാത്ത കാര്യമാണോ അല്ലാഹുസുബഹാനഹുവായാലയെക്കുറിച്ച് പറയുന്നത്